വിശ്വാസികൾക്ക് അവരുടെ സ്വന്തം ശരീരത്തേക്കാൾ അവകാശപ്പെട്ടവനാകുന്നു മുഹമ്മദ് റിബിസല്ലാഹുഅലഹി വസ്ല്ലം അദ്ദേഹത്തിന്റെ ഭാര്യമാർ അവരുടെ മാതാക്കളുമാകുന്നു വിശ്വാസികളെയും ഹിജറ പോയവരെയും അപേക്ഷിച്ച് രക്തബന്ധമുള്ളവർ പരസ്പരം കൂടുതൽ അവകാശപ്പെട്ടവരാണെന്ന് അള്ളാഹുവിൻറെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത ബന്ധുക്കൾക്ക് നിങ്ങൾ ഉപകാരം ചെയ്യുന്നതൊഴികെ അത് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തപ്പെട്ട കാര്യമാകുന്നു